ഒന്നിക്ക് നത്തിന്റെ കുത്തൂൽ കളർത്തൊണ്ടിട്ട് അറിയലിലേക്കുള്ള പത്തഞ്ച് ഒന്നരം പുത്തൂരാണ് അമ്മ അടമത്തിലേക്ക് അറിയാൻ രണ്ടു പുസ്തൂ രണ്ട് പുത്തൂർ രണ്ടും രണ്ടും തന്നെയൂടെ എനിക്കിന്ന് ഇന്ന് ഇന്ന് പോരാളികളുണ്ട് ഓർക്കും കൂടെ എന്റെ പോരാളികൾ മനസ്സിലാകിട്ട് എന്തൊരു തരം കുത്തൂരാണ് പുത്തൂരൊക്കെ അടി കൊണ്ട് അമ്മാനം കൊണ്ടാത്ത എല്ലാം നാ ദോഷിക്കുന്നത് എന്താ ബുദ്ധിന്റെ നമ്മൾക്ക് വന്നിട്ട് ഇന്നിന്റെ കുസൂരം നടത്തലിലേക്കുള്ള കർത്തവ്യതരം കുസൂലാണ് അമ്മാഅീന്റെ അറമ്മത്തിലേക്ക് അറിയുന്ന കുസൂല് രണ്ടു കുസൂൽ രണ്ടും രണ്ടും ദൂരെ എനിക്കിന്ന് ഇന്ന് ഇന്ന് ഇന്ന് പോരാളികളുണ്ട് ഓർമ്മ കൂടി എന്റെ പോരാളികൾ മനസ്സിലായിട്ട് എന്തൊരു തരം അടി കൊണ്ട് അമ്മാനെ ഉത്തർത്തേല്ലാം നാദർക്ക് എന്റെ ഞാൻ നമ്മൾക്ക് ഇതുവരെയും മറിഞ്ഞു കടന്ന ഒരു സത്യാവസ്ഥ നമുക്ക് തെളിഞ്ഞു ആ സത്യാവസ്ഥ നമുക്ക് എന്റെ സത്യാവസ്ഥ ഞാൻ ഒരുത്തുകൂടും മൈക്കൂടും പോരാട്ടത്തിന്റെ അപ്പൊ ജസ്റ്റിനെ സംബന്ധിച്ചുള്ള കുട്ടികൾ മറ്റൊന്ന് അള്ളാവിന്റെ അടമത്തിനെ പറ്റി ജലാളത്തിനെ പറ്റിയുള്ള അവരുടെ മറിവാണ് മറ്റൊരു കുത്തു കളാന ഈ രേഖ പറഞ്ഞാലോ കൊണ്ടുപോകുന്നു ില്ലേ അതിനു വേണ്ടത് എന്നല്ലാണ്ട് ഇവിടുന്ന് വാങ്ങലിന്ന് ഡിസിലായി അങ്ങനെ തിരക്ക് എങ്ങനെയും അല്ല പിന്നെ അപ്പൊ ഈ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എത്തിയ തൃപ്തിപ്പെട്ട് മതിയാക്കാവുന്ന പകുതി വഴിയാണ് പിന്നെ ഇപ്പൊ നടക്കേണ്ടത് എനിക്ക് മാനന്തടിയും യും ചെയ്തല്ലോ പിന്നെ തിന്ന അപ്പൊ നമ്മൾ ഇത്തരം കാലം അത്തരം കൊണ്ട് കുറവായും അർത്തവനിലായോടുകൂടി അല്ലോ കിട്ടാതെ നോക്കുന്നത് ഓണവനോടുകൂടി നമ്മൾ ഏടി എത്തി അമോ ആയിട്ട് ഇപ്പോഴുള്ള ലപ്പുലത്തിലായിപ്പോ ഉള്ളത് നമ്മ ഇതേ ജീവിച്ച നഷ്ടത്തിലാണ് എന്നുള്ളൊരു അറിവ് ഒരു ബോധാമേ മനസ്സിലുണ്ടായാൽ തന്നെ ഹാജു ില് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ശേഷം കോടിക്കിട്ടില്ല അപ്പൊ ഈ കിട്ടാബോധം മനുട്ട് നമുക്ക് ആ വസ്ത്രം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഉത്തരത്തിന് ഇപ്പൊ ഉള്ളത് പിന്നെയും ഇക്കിട്ടിന്റെ കിട്ടത്തില്ലാ തീയതി എന്റെ പറ്റിയ കിട്ടത്തില്ലാന്ന് പറയുന്നത് അക്കിട്ട വാപ്പ എനിക്ക് മാമനാത്തിവാക്കണം കുത്തിരിക്കണം അപ്പൊ വന്നു കൊടുക്കണ്ട പിന്നെ കൊടുക്കണ്ട മുജാറാ തൃത്ത് വെൽക്കണം എന്നാ ലത്ത് ആഗ്രഹിക്കുന്ന നീന്താത്തില്ല നീ വസാൻ വേണോ അതിന്റെ വസാമ്പില്ല ഹിന്ദു ജനമാരുടെ വകവും ക്രിസ്ത്യാനം മണോ മുജാത്തേ മുട്ട എന്റെ അക്താ വർത്തവ് വർത്തവില്ല ആർക്കാണ് അത്ര വാഹനം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് വർത്തമാനം കൊടുത്തിരിക്കുന്നത് വില്ല എന്നുത സ്ഥലത്ത് വാമന ഇല്ലും മുജാഹി ഇല്ലും ഒരിക്കൽ മാറിയിട്ട് നല്ല കൃഷിച്ചിരിക്കുന്ന വർത്താമിട്ട് എന്താണോ മാമരി മുജാഹദിയോട് ഇല്ല ഒരു ഇല്ല മാമരി എത്ര ഇല്ലെന്ന് പറഞ്ഞാട്ടെ മാമരി മുജാബിന്റെ വാർത്തമാവ് ചോദിച്ചു കപായലിൽ മാമരാജിയുണ്ട് മാമരിപ്പെട്ടവർ അനോദിച്ചിരിക്കുന്നില്ലേക്കുന്നില്ലേ പിന്നെ കടാലുകളൊക്കെ തുഴഞ്ഞ് പെച്ചിന്റെ കൂടെയുള്ള മുജാഹദകൾ ഉണ്ട് അക്കത്തോൽ തമ്പാടി തമ്പാടികളുണ്ട് അഷോ കൊൽപാടി പിന്നെ പണക്കാശി മറിയേനെ ചെയ്യല് പിന്നെ കപ്പ് ചെറുക്ക് തുടങ്ങിയത് അതിപ്പോന്താ ഇപ്പഴും അറിയല അപ്പൊ മുജാഹതയിലും അനിയനെ പതിലുണ്ട് ഞാൻ അപ്പഴും നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഉച്ചി നമ്മളിട്ടുണ്ടല്ലോ നമ്മളുണ്ടാകുന്നില്ല ബാക്കി ഞാൻ വാങ്ങില്ലേ ആ ഉണ്ടാക്കാൻ ചെയ്യണമെന്നാണ് അവർക്ക് കാണുണ്ടാവില്ല നമ്മൾ ചെയ്യാനുള്ള വഴിക്ക് ചോറ് പിന്നെ മറങ്ങിക്കൊണ്ട് തന്നിട്ട് അതിന്റെ അപ്പം വയ്ക്കേണ്ട വഴി ഉണ്ടാക്കാനോ പൊത്തന്റെ കാലത്തിന്റെ പണ്ടായി എടുക്കണോന്ന് പറഞ്ഞാൽ അറസ്റ്റില്ല സതീരത്തിന് തൊട്ടുള്ള ഉദാഹരണം ഉണ്ടാക്കില്ല സമീപത്തിന് തളത്തിൽ അതൊക്കെയോ അതിനൊക്കെ നടത്തോ പക്കത്തിപ്പറിച്ചാലും ഗുരുക്കിട്ടാലും തീർച്ചാത്ത മറ്റുള്ള ആളുകൊണ്ടു ആ തീർത്തണിയില്ലല്ലോ ആ അനുമ്പത്തിന് ആന ഒതുപോലെ അത് ചെയ്യാൻ വേണ്ടി ചെയ്യിക്കുകയും വേണ്ടത് അതൊരു ഭാഗത്ത് മറ്റൊരു അത് മറ്റു വന്നോളൂ ഓരോ എത്ര കളക്കെ ഇന്ന് കിട്ടുന്ന ഈ മക്കളുടെ അപ്പം കൂട്ടും ജയിക്കുക വേണ്ട ഇന്ന് വെക്കുകയെന്നത് ഇവിടെ നമ്മൾ ജമൻ ചെയ്യാനുള്ള കൂട്ടിയാണ് അല്ലെങ്കിൽ ഈ മച്ചാൾ അങ്ങനെ കുറിച്ചു പോവും ഒരു തമ്പാക്കി അരിയടിച്ച് ബിരിയാണിയാതെ പണയ വെച്ച് വയ്ക്കുവെ തമ്പാക്കിന്റെ പണിയുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് അവയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് മാത്രം ഈ കുന്നണ്ട പണിയും താക്കണ്ട പണിയും വാഴണ്ട പണിയും എല്ലാം അടുക്കണം എന്ന് പറഞ്ഞാൽ അത് ചോദിച്ചു അപ്പൊ നമുക്ക് കൈമന്ത് പതിക്കാവുന്നതും കുരുക്കീടാവുന്നതും പിന്നെ പതിക്കാവുന്നതും എല്ലാം കഴിഞ്ഞതിനു ശേഷം വെച്ചാൻ ആളുകൊണ്ടു അതെല്ലാം ചെയ്ത് അങ്ങനെയാണെങ്കിൽ നല്ലതീന ജാഹദോഹീന നഴദിയന്നൂരന കഴിയാത്തോ ചെയ്തു ശേഷം ആവാത്തപ്പോ അതിന്റെ എന്താ സ്വന്തം ദേശിച്ചെടുക്കൂ ജാഹദോ എന്ന് പറഞ്ഞ തോന്നിയാണ് നഴതി അന്നവും നമ്മുടെ തോന്നിയത് ജനേക്കാവും നല്ലതീനെ ജാമ്യം ഉള്ളുണ്ടോ ഞാൻ അഹൃതി ആ പോരാത്തിന്റെ കുറച്ച് മണിക്ക് വരും ഇഷ്ടമാണെങ്കിൽ നമ്മൾക്ക് വേദിയുണ്ട് ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യും നമ്മൾ മതിയമാറയില്ലോ മറുമാറ കേസുണ്ടായിരുന്നു നമ്മൾ നമ്മൾ അവരിക്കാം കേസിനെ കാരണം മതി കഴിഞ്ഞാൽ ഡോക്ടർ ചെയ്ത് വേണ്ടത് എത്തും ൊരു പണിയും ചെയ്യുന്നില്ല നാം ചെയ്ത് നമ്മൾ എത്തിക്കട്ടെ എത്തിച്ചിട്ട് നമുക്കൊരു ഡൂക്കിയും പറ്റൂല മാവലിയും വേണ്ട മുജാഹരിയും വേണ്ട ആരാധിയും പോകണം ഞാൻ ചേട്ടൻ രമീട്ട് അറിയുന്ന സഹാപത്തിന് ആ വാട്ടം നോട്ടം കൊണ്ട് സ്വർപ്പത്തിന്റെ നോക്കാം ചേച്ചി അപ്പോൾ ചെറ്റി തോന്നു എന്നിട്ട് വന്ന് മാവലി മുരാഹരിടികിത്സയും അല്ല അച്ഛനും ആദ്യം എന്തിനാണ് സ്വന്തം ആവശ്യവും അറിഞ്ഞിട്ട് കൊണ്ടാലാണ് ജാമ്യം തോന്നുന്ന രൂസാലോ അത് ചോദിച്ചു ഇവിടെ അടക്കുന്ന അല്ലാ ദിവസത്തിന്റെ അതിന്റെ എന്ത് വരാൻ ചോദിച്ചിട്ടുണ്ടല്ലോ അത്ര നമ്മക്കൊരു ദുഃഖിയും പറ്റില്ല മാവരിയും വേണ്ട മുജാഹരിയും വേണ്ട ആരാധീം പോണം ഞാൻ ചെയ്തിട്ട് അറിയുന്നു സഹാപത്തിന് ആവാൻ നോട്ടം കൊണ്ട് പ്രതത്തിന്റെ എത്തി അക്കുറിച്ച് തുറന്നു കൊടുത്തു മറ്റോ മാവരി നെഞ്ചിനാ ആ മനസ്സില് കൊടുത്തു വടക്കതിനാണോ കൊടുത്തു മക്കാ രാഷ്ട്രീയ തമിഴ്നാട്ടിൽ വന്നായി മാവീ മഴയിന്ന മജുടി ഇല്ല നമ്മളുടെ അവനെ പോകുന്നു എന്റെയും അത് ഒത്തിരി അറിയില്ല ഒരു എന്റെ ഒരു ഒരു നവൃത്ത് മാത്രം ഈ കരുതി അപ്പം ഞാനെന്താ പോലെ കനിയാക്കി എന്റെ തൊട്ട് ഭംഗിയാക്കി മുദാരിയെ തൊട്ട് വെയിമുഴിച്ചിന്നാണോ മാനവനെ തൊട്ട് വിലയിരുത്തി എന്നാണോ എത്ര വരെ വെക്കാൻ പറ്റി കഴിഞ്ഞാൽ വഹദാന ബ്രഹ്മസുന്നത്വമായ കാര്യത്തിലുള്ള യുദ്ധിക്കാരി മുജാഹരെന്നു പറഞ്ഞാലും ഏതാണ്ട് നെടുത്തിന്റെ കവാത്തുകളും അവാായുധികളും കുറച്ചില്ല ഇത് വലിയ പേര് വന്നാൽ മനസ്സിലത്തീരാത മല്ലിറങ്ങി ജില്ല ഞമ്മ അനുരാക്കാൻ എത്ര ഞമ്മൾ കണ്ടിട്ടുണ്ട് ചരിദിനാവും വാറഫിനാവും وعلى قرم الجاغري بالمرسي رضي الله وعلى قرم الجنم ماذا تقولون؟ رضي الله وعن نعجمه لما قرطنا في سنة جديد جديد جديد نعم ثلاث ثم إذا قرطت فيه تقوط الشيخوحة فيه تخايا على نمئل بريقة درسل الله وصوبه بي ترينيان هو إتباعي واجبا أقول له اللعوة أنا في طريق الخطوط ലോകത്ത് കണ്ടാറുള്ള ഈ മുതൽ ഇങ്ങനെ സിമാർ പാട്ടിപ്പോ ലോകത്ത് ഇമാവിനെ തുടർന്ന് പറഞ്ഞ തുറന്നു കഴിഞ്ഞാൽ നാളെ നടക്കുന്ന പാടിക്കുന്നു എല്ലാ പറഞ്ഞൊക്കെ ഇല്ലാണ്ട് അച്ചാറിക്കാണി അഹിതക്കാ എന്ന് പറഞ്ഞാൽ എന്താ അനതക്കായി തോന്നുന്നു വിറ്റാപുതി അവർ മടി തിരിപ്പിച്ചിട്ടില്ല അയാൾക്ക് ആത്മഹത്യ അതാ എം ടൂൽ പക്ഷെ ഒക്കെ നടന്നതും യൂഗുരാഞ്ഞ ജന്മം മൂലം അഴിത്തുകൂരി വിചാരിച്ചിരുന്നില്ല അയാൾ അജിമത് എപ്പോഴും അത് ഡിപ്പി തെളിപ്പോ ഈ വരികയായ വരിക ഉള്ളതായിട്ട് ജനങ്ങളൊക്കെ ജനങ്ങളൊന്നും നമ്മളെല്ലാവരും മക്കളോ അതിൽ നിന്നവോ അതൻ കഴുത്തോ കിട്ടിന്റെ അച്ഛനുണ്ട് അത്ത ിൽ അവർ അറിഞ്ഞിരുന്നു മലയാളം അകരത്തിനാലിരുന്നു യും <diyorsunuz> <manyoples> അവതാരങ്ങൾ അവതാരണങ്ങൾ പറഞ്ഞു അത് നമ്മൾ കൊള്ളാതെ അന്ന നബ് രാജ്യത്തെ നമ്മൾ ഇടമായ അതുപോലെ ബാധ്യതകളായ അരിഞ്ഞാൽ അത് മരുന്നായി ഇല്ലാത്ത എന്നാൽ പഴുത്തൻ ഷീക്കൂന്നാണത് പഴുത്ത ഷീപ്പുനാണുള്ളത് എത്തൻ ഷിക്കുണ് അങ്ങനെ ആണെങ്കിൽ മനത്തറിയുന്നു അങ്ങനെയാണ് ഈ തശ്മേ വരും ഒരാളിൽ നിന്ന് മനത്തറിഞ്ഞായിരുന്നില്ല ഇവിടെ ബ്രണ്ടോ പെരുമാറേണ്ട മനത്തറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒക്കെ എത്തൻ ഷിപ്പൂണിപ്പൂന്നായിരുന്നു എങ്കിലും ഒരു കണ്ണാടിന്റെ അപ്പുറത്തുള്ള ഈ രീതിയിൽ ഈ പ്രദേശം കണ്ണാടി കണ്ണാടിന് അപ്പുറമുള്ള സാധനം ട്രാൻസ്പെറൻസി കാണില്ലേപ്പാ അപ്പൊ ഈ സാധിക്കാനുള്ള വഴി വരുമ്പോ ഇയാളെ ബസ്സീത്ത് നോക്കുമ്പോ ഇയാളെ ഉള്ളിരുന്നു ഇയാളും തന്നെ കണ്ണാടിക്ക് അപ്പറുള്ള സാധനം താപോലെ കാണുന്നുണ്ട് അതാണ് എങ്ങനെ തിരിഞ്ഞു ബസ് അദ്ദേഹത്തിന്റെ ബസ്സൊന്ന് ടോച്ചു കുറിക്കുന്നു എത്തേക്കുന്ന മതി എയർപോർട്ടിൽ നിന്നാണല്ലേപ്പാ ഇവിടെ കുട്ടികൾ എന്തെല്ലാരോച്ച് ഓഫീസ് അതേമാരും നോട്ടം നോക്കിനോടും കൂടി ആ മനസ്സിലും സ്കൃതിയിൽ ഉണ്ടാവും ആ കൃതിയിലുണ്ടാവും നിങ്ങളുടെ മനസ്സിലെന്തോ എല്ലാടും പൊടിയും നിങ്ങൾ നോട്ടം നോക്കല എന്താണെന്ന് സാധിക്കുകയും ഈ സാധിക്കായ മനുഷ്യന്റെ ദൃഷ്ടിതാണ് എത്ര പോകുന്നുണ്ട് അതിന്റെ മെച്ച എത്രണ്ട് ഇവിടെ അതിന്റെ നോക്ക് നോക്കി വാങ്ങും വേറെ ഇങ്ങനെ ചുറ്റിട്ട് പറയുന്നില്ലേ ഇത് മോട്ടിന് മോട്ടില്ല ഇത് മഞ്ഞങ്ങിയാണ് ഇതോടെ കായിരുന്നു അതാണ് അറങ്ങിപ്പോയാൽ കാണാം ഏറെ ആയിരക്കണക്കിലെന്തെങ്കിലും ഓടീക്ക് ഓരോ നിർത്തിട്ട് ഒറ്റൊട്ടാണ് അത് പറയാതെ അപരാക്കാൻ പറ്റുന്ന മധ്യസ്ഥ വീട്ടിന്റെ ഒരു ഒന്നുമില്ല എന്ന മൂന്ന് പേര് ഇരിക്കുന്നു കക്കളൊന്നും വന്നാൽ മതി മത്സ്യവും അന്നാറത്തു മഹാനഘും ഹാത്തായ മവാഹി ബിന്ദിമൻ അഹലാണോ എല്ലയോ എന്തതും ആണെങ്കിലും മഹാഹിബന്ധായി അപ്പൊ പഴക്ക റോപ്പി കൽബിനി അപ്പോൾ ഈ നോക്കുന്ന അദ്ദേഹം അല്ലോ അജിനി ആ കൽബിനി അന്നാമത്താരൂന്ന് മഹബത്ത് മൊരീട് സ്ഥാപിക്കുന്ന സാധിക്കൽ മുരീത് വന്നത് ആ മൊരീടായിട്ട് വന്ന ആ സാധിക്കായ വസ്തുയോടും വല്ലാത്തൊരു മഹബീവനും അല്ല നമ്മളരെ ഇരീനെ അങ്ങന ഒരു ഹബ്ബത്തുൻ അൻ ബസീറത്തുന്നിയർ എന്ന് വാ ബസീദതുകൊണ്ട് ഒരു മഹബ്ബത്തിന്റെ നോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ എത്ര തിബഹും ജുനൂബില്ലാഹി അവർ അല്ലാഹു തആലനെ ജുനൂബിട്ടവരാണല്ലോ അങ്ങോട്ട് നോക്കുമ്പോൾ ഫയക്തിബൂന ബി അമരിഹിം യുഗൂറുന്നോട്ടൻ കാരണത്ത അവർ കബ്ബിയർ ഇത്തിബറനാലിയോടെ ഈ നമ്മ നാദറു വീർലിക്ക് ആഹബാന തനിയതൻ മേ എത്രമായ ഹവാരികളോട പ്രസൂദിയ ഖുർആനന്നോ ഒരു നോട്ട് നോക്കുമ്പോൾ അന്ന് ഒരു ചിലത് മാറ്റം യൂഹപോനുള്ള യഹബോലെന്ന് ആസാറം മർമ്മീയത്തൻ മർമ്മീയത്തായ കുറെ ആസാറുകളും അവർക്ക് ആരുമായി കുറ്റപ്പെടുകയാണ് ഇത് പറഞ്ഞിട്ട് ഇനി കേക്ക് മതിങ്കാറുണ്ടോ അല്ലേ അതൊന്നും ഉണ്ടാവുന്നു അതാ പറഞ്ഞത് മമാതായുങ്കിലും ഉണ്ട് എന്തൂടെ മുൻകിരായ വിളിച്ചു ഇങ്ങാറാക്കേണ്ട കാര്യം ഇവിടെ इन कुदरत इल्लाह सुभानहू व तआला ने बगुप्याल न उदाहलम बाजे वकमा जहलती बादिल लफाई सिर्फ आंबो व दिलोता रासी वचिटले मिनल खाफीत जिने परतेडा तुम बंडा इदा नमर इरल यस्ता युबदीक होबिन अवरिदी येनोटा नोख्यातेन मिचालताय पो आंदे आंदे पो वत्रियो बामंडो नत्र दंडा यू रमणीत दर्जे पडती आपणीच गंडवरती പാലക്കെട്ടിനൊണ്ട് താമസിക്കുന്നൊരു പാമ്പൻ തോന്നു ബാലകെട്ടിങ്ങനെ കുത്തരത്തിൽ പറഞ്ഞു സെഞ്ചുറീസ് കൊണ്ട് പാമിന് തെറ്റി പാടം കെട്ടിയിട്ട് ബാലം മുറിഞ്ഞു കുത്തരവെറ്റിന്റെ പിന്നെ നോക്കിയ വായുമണ്ഡലം മുഴുവനും ഒരു ഭക്ഷണം നടത്തപ്പെടുന്നുണ്ട് ആ വായുമണ്ഡലത്തിന്റെ അടങ്ങി അടങ്ങിയ ശേഖരിച്ചെടുത്തിട്ടാണ് നീ തിരിച്ചതിന് മരുന്ന് ഉണ്ടാക്കിയത് ചെന്തു പറയുന്നേ ഇവർ രണ്ടുപേയ്ക്ക് ഞാൻ നമ്മുടെ പിന്നെ രോഗങ്ങൾക്ക് അതിനെപ്പറ്റി ഉപയോഗപ്പെടുത്തണം ആ വായുമണ്ഡലത്തിന് അടിച്ചെടുത്തിട്ട് കൊണ്ട് അവർക്ക് സ്ഥിരീകരിക്കും അങ്ങനെയുള്ള അമ്മി അവന്റെ അടിമി കൊടുക്കാൻ താബിലേക്കും ഒരു പ്രത്യേകമായ ഹാലും ഒരു ഹയാസുണ്ടാക്കി കൊടുക്കും തോന്നിയത് ഒരു പാമിന്റെ അല്ല ചില കടാമിസാതെ പോയി നീങ്ങി ആയിക്കോന്നി തമുക്കിന്റെ നോക്കാമെന്നൊക്കെ ഉണ്ടാക്കി ഉണ്ടാകും അതാണ് മിസ്റ്റാതെ അത് ഇഷ്ടം അതാണ് ആരെയും മക്കാമ് തമുക്കിന്റെ തമിഴ് തമിഴ്നെ മക്കാമിലെ ജീവൻ പിന്നെ ആത്മഹത്യ ഇപ്പൊ നീങ്ങിയ ജോലിയുടെ വാക്കാ അപ്പോൾ അത് ഇഷ്ടം പറഞ്ഞു അതാ നല്ല ജീവത്തോടെ വാക്ക ഉള്ളൂ പിന്നെ കോട പിന്നെ വിചോഷൻ ഇടിഞ്ഞപ്പോ അതിപോലെ പത്തഞ്ഞല്ല നല്ല അറിഞ്ഞപ്പോടാ മതി അതിപ്പോടാ അന്നെ വേണം പറ്റില്ല അസോധിമാനത്തോടെ സംസാരിച്ച് അവരെ കുറിച്ച് കിട്ടണമെന്നു കേന്ദ്രത്തിൽ ഈ മോഹിലും ഈ മൗലമ അകട്ടപ്പെട്ടാണ് എല്ലാം ലോകമാറ്റി തന്നെ അപ്രത്തോടിക്കും പാടക മറ്റെനിക്ക് ഇത്ര അന്ത സ്വാധീനം ചെയ്തിട്ട് ഇത്ര മുറ്റിന് വെച്ചിട്ട് ഞങ്ങളുടെ ഇല്ല ഈ മൗനമന്ത്രി ി ഭാഗത്തിന് വളരെ ഉറവ് പിടിക്കുന്ന ആളാണ് ഒരു ദിവസങ്ങളുടെ മറ്റൊരാം ജീവിതം മൂപ്പറ ആർന്ന് സ്വാധീനിക്കാൻ കഴിയില്ല അതേ അവസരത്തിൽ മൂപ്പറ വനത്തിന് ഇത് എല്ലാവരും കിട്ടി വരാൻ ഉണ്ടാകും ബന്യാവ് പോലെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പാപ്പത്തുകൊണ്ടും ഒരു കാലത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച കാലത്തും വേര് കാലത്തും തൂമ്പാലം കൂടിയ കാലത്തും വക്കാലത്തിൽ ലപ്പായിട്ടു പറഞ്ഞു ലപ്പായ് ഇതും പറഞ്ഞു ആ ഭിന്നമായപ്പോൾ വലിയതായി പൊതു വ്യക്തിയോട് മാത്രമേ എത്തിക്കൊള്ളൂ എന്നിട്ട് മഴ നരീതി അവരുടെ മേലിൽ ചെന്നുചേരാതി അവരടുത്ത് നന്നാമത്തെ മഹാന രൂപത്താറെ സൂക്ഷിച്ചു വെച്ച പ്രസൂസിയത്തിനെ ഇസ്ലാമി ജീവിച്ചിട്ടുള്ളൂ മധുരീത്തല്ലാതാണ് അവരുടെ പ്രത്യേകത രണ്ടും മധുരീത്തോട് ഇരുമാധ്യമിട്ട് നിൽക്കും അവരുടെ ഭൂമത്വം വായ്പ മാറ്റി ിട്ട് കുടിക്കുന്ന വാങ്ങിയാണെന്ന് എല്ലാ എന്താ മറ്റൊരു കേൾക്കുന്നത് കൂട്ടപ്പോ കൂട്ടം വെച്ചത് ജന്തു ബസ്സുകളാണ് ബാലത്ത് നോക്കിയിട്ട് മറ്റേ കഴിഞ്ഞിരിക്കും അത് ഇരിക്കാൻ പറ്റും മറ്റേതായ ബട്ടി കീഴ്സ് ഉണ്ടല്ലോ ഫീസ് നമുക്ക് ഇരിക്കാൻ പാടുന്നില്ല ഇവരൊരു മാസനാക്കി നീ അമ്മാവിട്ട് ഇസിലായി ചേരിപ്പിച്ചു അനാഅ് അബു അമ്മാവു മഹാനഹു എന്നാളെ ചേരി അപ്പൊ ഇപ്പൊ സമാ സുഹോദി അദ്ദേഹത്തിന്റെ മറ്റേത്തിന്റെ സുഹൃദയം നിങ്ങൾക്ക് തമാരിലേക്കെല്ലാം നോക്കുന്നു അത് പോയിക്കോട്ടെ ഇതിന്റെ ഈസോസിനത്തിന്റെ പൊതുവിധാനം പ്രസോസിയത്തിന്റെ പൊതുവിധാണെന്താ നോക്കി തോന്നി ഇപ്പൊ പാലക്കഴിഞ്ഞാത നിന്റെ മുഴുവൻ നേതൃത്വം ഉണ്ടാക്കി ഓർത്ത് നിയോഗിച്ചു ഓർക്കണം ും ആ തീർത്താവുന്നില്ല ഗാനിഫുക്ക അദ്ദേഹം നിനക്ക് പരിചയപ്പെടുത്തി തരുമ്പോഴോ ആണുക്ക നിന്റെ നോ എന്തെല്ലാം പോരായ്മകളും പത്ത തരങ്ങളുടെ അതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നു അത് മതി അതിലും അറിഞ്ഞിടത്തിന്റെ കമ്മീറ്റുള്ള പരിപാലിണ്ടാവു അഭ്രായം വന്നിട്ട് വയ അന്നാഹിയെങ്ങനെ നൂപ്രാവ് കാലത്തിന് ഒമാനപുള്ള അന്നാവില്ലാതെ പെട്ടണ്ടാക്കണം ഓടിക്കെ നൂപ്രവിച്ച് ഈ കാലത്തിന് ഒമാനപുള്ള അന്നാവില്ലാതെ പെട്ടണ്ടിലോണം ഓടിച്ചി ഞാൻ പറഞ്ഞപ്പോൾ അമ്മാനപ്പള്ളി വരെ ഓന്നെ പോകും എന്റെ പറ യോ പിന്നിട്ടുണ്ടത് ആ യോ പി ഇന്ന് അത്യാവശ്യം മനസ്സിലാക്കി തരും അനാ ഇതാ നിന്റെ നഫ്റ്റിങ് പോലെ പെറ്റും കുറഞ്ഞോണ്ട് എന്ന് ആ തെളിയിച്ചു തരും നീ നല്ല എന്നാ അറിഞ്ഞില്ല ഇന്ന ഇന്ന് ഇന്ന ഇന്ന ദൂഷ്യങ്ങളുണ്ടെന്നുണ്ടാക്കാൻ ആ അറിയിച്ചു തരും മജോരിറ്റി ഫുഡ് ഇഷ്ടില്ല അന്നാള ഇന്ന് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമ്മളെത്താനും നമുക്ക് അറിയിച്ചു തരും എന്നിട്ടോ ഇത്ര എസ്സാനം തന്നെ അന്നാ തീ പൂ കൊടുക്കൊണ്ടാ പോയിട്ടുണ്ട് അത് എഴുതിയ നിന്റെ നെഫ്റ്റിന്റെ വിട്ടുകൾ അല്ലെങ്കിൽ മായവിപ്പത്ത് ഇട്ടാ തിരസ്ക്ക നിന്റെ നെഫ്റ്റിന്റെ ഇട്ടാതെ അതുകൊണ്ട് പോകണ്ട പൊള്ളൂട്ട് മായവിപ്പത്ത് ഇത്താഹത്തിനസ്റ്റിക്ക നെഫ്റ്റിന്റെ ഇട്ടാത അറിഞ്ഞല്ലോ അത് നിന്നെ പാഴൊപ്പിക്കും അത് കടമില്ല നഫ്റ്റിനത്വം രക്ഷപ്പെടണം നിന്നു മാറ്റം വ്യക്തമാവോ എന്നുള്ള രോഗമാണ് ഉണ്ടാക്കിട്ടുള്ളത് ോയിലെ ഞാൻ എത്തുക ഇനി മറ്റൊരാൾ തന്നെ അമ്മാവിട്ടാണ് എനിക്ക് മാറി എഹിസാൻ ചെയ്തിട്ടുണ്ട് എന്ന് എൻ ഈ പറഞ്ഞു തരേണ്ടിയിരുന്നു എത്താനില്ലാ അമ്മാരവ് പട്ടാനെ ചെയ്തിട്ടുണ്ട് എന്ന അവിൽ നിന്ന് അഞ്ചിമത്തെ തള്ളിക്കുമാരെയ് അമ്മാനെ കുട്ടികൂടാവും ഈ കുരുത്തങ്ങനെ നബ്സിന്റെ കൊടോളാവും ഇങ്ങനെ എഹിസാൻ ചെയ്ത അമ്മാന കുട്ടികൂടാകുന്നുണ്ടാക്കും ചോർത്തു നോക്കില്ല ഇപ്പോഴൊക്കെ അപ്പൊ അങ്ങനെ നന്നാന ഒരു സ്ഥലത്തിനും തിരിഞ്ഞു വിടാന്നുണ്ടെന്ന് രണ്ടായിരുന്നു പറയുന്നു അഷ്മാൻ ശഹിതത്തിലോക്കിത്തധം ശേഖന പറയാളാം ശഹിതത്തിൽ നിന്റെ നാത്ത് സാക്ഷ്യം വൈദ്യുതി എന്റെ അമീറായി ദോ ഉർത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതോടൊപ്പം മനസ്സിനൊരു തീർന്ന് സമ്മതിച്ചിട്ടുണ്ട് ഓള ആദരിക്കും ഒന്ന് അദ്ദേഹത്തിന്റെ അഹ്ലാഖ് മുഖേന നിന്ന ഇതാക്കി നാലിന് അടുക്കും ചുട്ടോളെ ആക്കി മറിച്ചു അദ്ദേഹത്തിന്റെ ഇത്രാഖ് കൊണ്ടല്ല ഒരു കണ്ണുനീക്കലേ പോലെ ഞാൻ അളവട്ടിപ്പിക്കാൻ പടിയെടുക്കേണ്ട കുന്തോ എടുക്കേണ്ട ഒരു കണ്ണുനീക്കല് ഒഴു നോക്കാൻ അപ്പൊ തന്നെ എത്തിക്കണം പിന്നെ പുറത്തില്ല അങ്ങനെ ഇത്ര ആണ്ട് ദുഞ്ചാറന്റെ തിരണം പറയാണം പോലും കാണുമ്പോഴാണോ അത്തപ്പുറത്തേക്ക് പോകും ആ ഭാഗം ജോലിക്കഴിഞ്ഞാൽ പിന്നെ ആ മതോട് ജമാണത് അവിടെ ഒന്നില്ലേ പ്രസംഗമായിട്ട് നമ്മൾ എന്റെ ഹാലത്തിലാകുമ്പോൾ നിങ്ങൾ പ്രത്യേക പദവിയിലാണ് താത്ത മലയ്ക്ക് എത്തുന്നു ആ ജമാണത് പർക്കടാ പറക്ക എന്തിനാണ് മല പോലെ കൃഷി അതിന് ബെല്ല അതിന് മഴ വെച്ചില്ല അതിന് തെങ്ങ് വച്ചിട്ടില്ല എന്നുള്ള പോവുന്നു അപ്പൊ പുറത്ത് വന്നു തങ്ങളുടെ ആഗോളത്തെത്തുമ്പോൾ ജമാനിലും ായി എന്നാൽ കുഞ്ഞിണ്ടാവും വളരെ വ്യാഴമുണ്ട് മനസ്സിൽ രണ്ടാവാൻ പൂർവന്റെ ദോഷത്തെ അവർക്കെങ്കിലും ഗിനാറാക്കി എന്ന് പറഞ്ഞു ദേശ വിമാനം ഉണ്ടാക്കുമ്പോഴും ഒരു മതിയാരെങ്കിലും യാത്ര വാങ്ങി അജിനോ അപ്പറനോ ബസ്സിലാണെങ്കിലും പോയി എന്നാൽ ഓർ എൽ എസ് എന്നാ മൂപ്പറോ പാചകക്കാരണ്ടാവും അബ്ദുൾ താബു ജില്ല അങ്ങനെ ഉപയോഗം വൈകി അള്ള കഴിപ്പിച്ച് വേറെ ദോഷി വന്നക്കും ഡോമിനെ ജയിപ്പിച്ചു ഇവ ദോഷത്തിലേക്ക് മടങ്ങു എന്ന് കണ്ട ദശമതിന് മുന്നിൽ തുകാരണ ദുവാറുമായിരുന്നു കടാമത്താവുന്ന എഴുപത് വർഷം അതിന് യാത്ര പോകുന്നതി കാട്ടുമോ സംഭവം ബഹുമതി പുറമെ നിലപൊക്കാവുന്ന അച്ഛനത്തന്നുണ്ട് എന്തും പറയുന്നു ലൈത ചെയ്യുമ്പോക്കാം അനിഷ്ടമാക്കം എന്തു ചെയ്യാറൊക്കെ എന്തെല്ലോ കേട്ടിട്ട് വന്ന് ഇഷ്ടമാ ചെയ്ത് അതല്ല നീക്കൊര ഇമാറത്തു ഇമാറത്ത് നിന്നെപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് അത് വേണ്ട ഇന്ന മാറ്റെക്കണ്ടെ സ്ഥലത്തിവോ അദ്ദേഹത്തിന്റെ ഇബാറത്ത് വേണ്ട ഇഷാറത്തു നിന്ന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും ഉണ്ടോ ണക്കിന് പേജ് അടിയത്തില്ല എട്ട നോട്ടം ഉണക്കിയിട്ട് എന്തിനാണ് നമ്മളെ അവിടെ നമ്മൾ ഇന്നും പിന്നോക്കിട്ടില്ല എന്റെ വക്കി മാസം ഇവിടെ പ്രചരിച്ചു പൂച്ചയെ കാട്ടിരിക്കുന്നു അവിടെ ആഴത്തിന്റെ വിലയില്ലാത്തൊണ്ടിരിക്കുന്നു എന്റെ വക്കത്തെ അന്നും വാദത്തിലേക്ക് വിളിച്ചാണല്ലോ ഇന്നമാപ്പൈലും ഹിജാബ് ചെയ്യും ഇവന്റെയും വടയിൽ ഹിജാബ് യോപ്പിച്ചിരണം എന്തൊക്കെ ഹിജാബ് ഉണ്ടല്ലോ വാദം എന്ന് പറയുമ്പോൾ ചേർക്കുവാൻ തന്നെ വലയിട്ട് ചെയ്യ സ്വത്തം വാചകൂ മക്കാല് വന്നാ പോലെ ഇന്ന മാത്രേ സ്വന്തം ഹൂ അതെത്ര ഭർത്തുവാസിക്കു ഹാരി കൂട്ടിയിട്ട് ഉയർത്തണം പുറമു നിങ്ങൾ വളർത്തണം ദോഷിയാണെങ്കിൽ അത്ര ദാഹത്തിലേക്ക് വളർന്ന സോഹത്തിലേക്ക് വേദിപ്പിക്കണം ദുഞ്ചാണോ സുഖത്തിലേക്ക് എത്തിക്കണം ഹാരു ഇപ്പോൾ ഓറി ഹാരൻ്റെ ആ ഹാരി നമ്മൾ സ്വാധീനം ചെലുത്തിയിട്ട് നമ്മളെ മറ്റൊക്കെ അക്കളത്തേക്ക് عبانة رجيع إن إني رجب ربيد ودخل <سؤال> بك على الموجاة سيخكم هما الذي ما دان يجل برعاة قلبك إذا قلبنا جملك نارية جلائي شيدونك ناري شيخ حتا تجلت في أنوار ربك ربنا أنوار ربنا قدر يا رب نعمة بسأيل الله من مين كودين وانوارك على الله ربنا قدرهم بجينا وعروب دينك لله ورواسطين وعروب رسالة നിന്നെയും കൂട്ടി ചേരുന്ന വസന്താര മഹാദിയല്ലിന്റെ അന്തത്തിന് കൊണ്ടുപോകുന്നത് വരെ മഹാതി ആയിക്കൊണ്ടുപോയേ ഇങ്ങനെ വന്നു അങ്ങനെ പകുദ്ധി നൂറിൽ ഹബറത്തിലാണ് ആ ചേർത്ത് വക്കാറുക്കവിത അവനും കൂട്ടി പിരിഞ്ഞു من عليك محل الهلاة من الله ومضاطر الامداد من الله ومساط التلقي من الله ثم ذكر كيف تصيره للمريدين مريدين يعني سير كيفك بريدين يعني لبريم فرتب القوم على ماراته مع بينها سنداد وراكمين إلا الله ونونا ونونا ونونا ونونا ونونا അപ്പൊ നടക്കുന്ന ആളുണ്ടാവും ഓടുന്നാൾ ഉണ്ടാവും പറക്കുന്ന ആൾ ഉണ്ടാവും ഇത് നടക്കാൻ കഴിയാത്ത ആളുണ്ടാവും ഓർക്കത്തോരണം യാത്രക്കാരാണ് നടക്കുന്ന ആളുണ്ടാവും ആളുണ്ടാവും ഓടുന്നാൾ ഉണ്ടാവും എനിണ്ടാവും ചില ജനിക്കാൻ കഴിയാത്ത ആളുണ്ടാവും പ്രളയ പോകുന്നേ ഓർത്തിട്ട് തോന്നുന്ന വർത്തവിയാണ് വാർത്ത ഓറെ എണ്ണ മരിതം മാറാകുന്ന കൗമിനെ ഊപുടത്തർ ബാക്കി അടാ മാറാൻ ഇതിന്റെ മാമിന്റെ നടക്കുന്ന ആളുണ്ട് റാജിനുണ്ട് കാണട പ്രാർത്ഥിക്കുണ്ട് വാഹനക്കാരുണ്ട് ഐഷാർ പോലീസ് ആ കൂട്ടിക്കൊടുക്കാം എൺപത് ലക്ഷം അഞ്ഞക്കോണ മായിരം പിൻ മസീ ഈ മസീത് കൊണ്ടാക്കണം എന്നോണറിയണം എല്ലാം ഓടരാണെന്ന് പറഞ്ഞാൽ എന്തുള്ള വിദ്യാഭ്യാസത്തിനും ആരി പമ്പി അഹമാലി കായി അഹമാലറിയണം അപ്പൊ പ്രൈവർത്തി പല മർത്തതകളില്ല കോമിനെ തർക്കീബാക്കി അങ്ങനെ പണക്കാൻ സൈനികൾ വളരെ അയാൾ കാലികാണ് വിനാൽ ഹാരിൽ ഹാമിനത്തിലും അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്ന ഹാര തേറ്റിട്ടുണ്ടാകില്ല എനിക്ക് മർത്തി ഉണ്ടാവില്ല ഒരിക്കണം വളരെ കറ്റീ മത്തി അങ്ങനെ ബുദ്ധിമുട്ടാണ് അല്ല രണ്ട് പഠിക്കാത്ത രണ്ട് പഠിക്കാനുള്ള രീതിയിൽ പഠിക്കാത്ത വിധിച്ചു മതിയാവില്ല